തങ്ങളുടെ രക്ഷിതാവിന് ഉത്തരം നൽകിയവർക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലമുണ്ട് എന്നാൽ അവൻ ഉത്തരം നൽകാത്തവർക്ക് ഭൂമിയിലുള്ളതെല്ലാം ഉണ്ടായാലും അതിനോടൊപ്പം അതിനു തുല്യമായ മറ്റൊന്നുകൂടിയുണ്ടായാലും അത് മോചനദ്രവ്യമായി നൽകാനവർ തയ്യാറാകും അവർക്ക് കണക്ക് ബോധിപ്പിക്കൽ വളരെ മോശമായിരിക്കും അവരുടെ അഭയസ്ഥാനം നരകമായിരിക്കും അതെത്ര മോശമായ കിടക്കയാണ്